അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് നൽകപ്പെടുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതിനു മുൻപേ അതിന്റെ വ്യാഖ്യാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്റെ രക്ഷിതാവ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നുള്ളതാണത് അള്ളാഹുസുബ് ഹാനഹുവറ്റ ആലായിൽ വിശ്വസിക്കാത്തവരും പരലോകത്തെ നിഷേധിക്കുന്നവരുമായ ഒരു ജനതയുടെ മതത്തെ ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു